അങ്ങനെ അദ്ദേഹം അവർക്ക് അവരുടെ സാധനങ്ങൾ നൽകിയപ്പോൾ രാജാവിന്റെ അളവുപാത്രം സഹോദരന്റെ സഞ്ചിയിൽ അദ്ദേഹം വെച്ചു പിന്നീട് ഒരു വിളംബരക്കാരൻ വിളിച്ചു പറഞ്ഞു ഓ യാത്രാസംഘമേ നിങ്ങൾ തീർച്ചയായും മോഷ്ടാക്കളാണ്